നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്നതിനായി ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക അതിനെ ആദ്യമായി നിഷേധിക്കുന്നവരാകരുത് നിങ്ങൾ എന്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലയ്ക്കു വിൽക്കുകയും ചെയ്യരുത് എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക